അദൃശ്യമായ കാര്യങ്ങളിൽ നിന്നുള്ള ചില വാർത്തകളാണിവ ഞങ്ങൾ നിനക്ക് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം വെളിപ്പെടുത്തി മറിയത്തിന്റെ സംരക്ഷണ ചുമതല ആരേറ്റെടുക്കുമെന്ന് തീരുമാനിക്കാൻ അവർ പേനകൾ വീഴ്ത്തിയപ്പോൾ നീ അവരുടെ കൂടെയുണ്ടായിരുന്നില്ല അവർ തർക്കിച്ചപ്പോഴും നീ അവരുടെ കൂടെയുണ്ടായിരുന്നില്ല